പതിനാറാമത്തെ മന്ത്രം രണ്ടാമത് ചോദ്യത്തിന് നമ്മുടെ ഞാൻ സമാധാനം പറയുകയാണ് പ്രണവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പതിനാറാമത്തെ മന്ത്രത്തിൽവാക്ഷരം ബ്രഹ്മ ക്ഷരം പരംദ്ധേക്ഷരം ജാ യോ യീനീന അക്ഷരം ബ്രഹ്മ ഏത പരം ഏത് ഇച്ഛതിേവാരം ബ്രഹ്മ യോ യച്ചിട്ടു ത ഏത് ഹി ഏവ അക്ഷരം ബ്രഹ്മ അപരം നേരത്തെ പറഞ്ഞു ഓം നിത് ഏത് നീ എന്താണോ ചോദിച്ചത് ചോദിച്ചത് ആത്മാവിനെ കുറിച്ച് മരണശേഷം ആത്മാവിനെ സംബന്ധിച്ച് എന്താണ് ഒരു വാക്കിൽ മറുപടി പറയാനാണ് ഓം അതിനെ വിശദീകരിക്കാൻ ഏകദേവ അക്ഷരം അക്ഷരം വെച്ചാൽ ബ്രഹ്മം അക്ഷരബ്രഹ്മം അപരം അപരബ്രഹ്മം അതാണ് അക്ഷരബ്രഹ്മം അക്ഷരം നശിക്കുന്നത് അക്ഷരം നശിക്കാത്തത് അക്ഷരബ്രഹ്മം ഇത് തന്നെയാണ് അക്ഷരം ബ്രഹ്മം പരംബ്രഹ്മം ഇത് തന്നെയാണ് അക്ഷരം ബ്രഹ്മ ബ്രഹ്മത്തിന് വിശേഷമായി പറഞ്ഞിരിക്കുന്ന അക്ഷരമാണ് ഏത് അക്ഷരമേവ ബ്രഹ്മ ഈ അക്ഷരം തന്നെയാണ് ബ്രഹ്മ അണുഖനിക്കുന്നത് ഇവിടെ ഇപ്പൊ ഏത് ഏവ അക്ഷരം ബ്രഹ്മ ഇത് തന്നെയാണ് അക്ഷര ബ്രഹ്മം പരബ്രഹ്മം ഏത് ദേവ അക്ഷരം പരം ഇത് തന്നെയാണ് അക്ഷരം പരം പരബ്രഹ്മം അപരബ്രഹ്മമായിരിക്കുന്നതും പരബ്രഹ്മമായിരിക്കുന്നതും ഇത് തന്നെ ഓം എന്നുള്ള ശബ്ദം കൊണ്ട് എന്തിനാണോ പറയുന്നത് ആ ബ്രഹ്മം പരബ്രഹ്മമായിട്ടും അക്ഷരബ്രഹ്മുന്നു അപരബ്രഹ്മുന്നു പരബ്രഹ്മം എന്ന് പറയുമ്പോൾ അദ്വൈതമനുസരിച്ച് സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മാവ് ദുരുപാധിയായിരിക്കേണ്ട പരമാത്മാവ് അങ്ങനെ പരബ്രഹ്മം എന്ന് പറയുന്നു സൃഷ്ടി സ്ഥിതി സംഹാര കൃത്യങ്ങളെല്ലാം നടത്തി അത് ഹിരണിഗർഭനം ആ പരബ്രഹ്മത്തിൽ മായയാവുന്ന വാക്യം ആ പരബ്രഹ്മം തന്നെ ഹിരണ്ഗർഭം എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിക്കുന്നതാണ് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സഗുണേശ്വരൻ പറയാറുണ്ട് നിർഗുണേശ്വരൻ അങ്ങനെയെന്ന് പറയും ആ പരബ്രഹ്മത്തിന്റെ സഗുണഭാവം അതിലൂടെ ഹിരണ്ഗർഭൻ എന്ന് പറയുന്നു തയോർഹി പ്രതീകം ഏകദാക്ഷം തയോർഹി രണ്ടുപേരുടെയും പരബ്രഹ്മത്തിന്റെയും അപരബ്രഹ്മത്തിന്റെയും പ്രതീകം പ്രതീകമാണ് അക്ഷരം ഈ അക്ഷരം അപ്പൊ അക്ഷരം എന്ന് പറയുന്നതിന് സാധന അക്ഷരം എന്നുള്ള അർത്ഥമൊടുക്കുക ഈ അക്ഷരം എന്ന് പറയുന്നത് ഓം എന്ന് പറയുന്ന അക്ഷരം പ്രതീകമാണ് ഓമിന് അക്ഷരം ശബ്ദത്തിന് അക്ഷരം എന്നുള്ള പേര് വരാൻ കാരണം ശബ്ദം നശിക്കുന്നതാണെങ്കിലും അങ്ങനെ അക്ഷരം പേര് വരാൻ കാരണം മൈദികന്മാര് ശബ്ദത്തെ അതിഥ്യമായിട്ടാണ് സ്വീകരിക്കുന്ന നശിക്കുന്നില്ല എന്നാണ് അതാണ് അതിനക്ഷരം എന്ന് പറയുന്നത് അഭൈദാത്മതമനുസരിച്ച് ശബ്ദം നശിക്കുന്നതാണ് അക്ഷരമല്ല പക്ഷേ എന്നാലും അക്ഷരം എന്ന് പറയുന്നത് കൊണ്ട് അതിന്റെ വാചകമായിരിക്കുന്ന ബ്രഹ്മ അത് നശിക്കാത്തതാണ് ഓം ശബ്ദത്തിന്റെ വാക്യമായിരിക്കുന്ന ബ്രഹ്മ ഒരിക്കലും നശിക്കുന്നില്ല അതുകൊണ്ട് ആ ബ്രഹ്മത്തിന്റെ വാചകമായതുകൊണ്ട് അതിന് ബ്രഹ്മത്തെ പോലെ അക്ഷരം എന്ന് പറയുന്നു ബ്രഹ്മം അക്ഷരമാണ് അക്ഷരം നാശം അത് സംഭവിക്കാത്തതാണ് അതുകൊണ്ട് അതിന്റെ വാചകമായിരിക്കുന്ന ഓം അക്ഷരമാണ് ഏകദേവ അക്ഷരം ഞാൻ തന്നെ ബ്രഹ്മം പരമാത്മാവ് സാക്ഷാത്കരിച്ചിട്ടല്ലെങ്കിൽ ഉപാസിച്ചിട്ട് ഞാത്ത ഉപാസ്യാ പ്രത്യേകം പറയുന്നത് തന്നെ നേരത്തെ പറഞ്ഞു ുംപരവും അപരബ്രഹ്മത്തെ ഉപാസിച്ചിട്ട് പരബ്രഹ്മത്തെ പരബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് അപരബ്രഹ്മത്തെക്കുറിച്ച് ഉപാസം രമ്യവർദ്ധനെ ഉപാസിച്ചിട്ട് പരബ്രഹ്മത്തെ അറിഞ്ഞിട്ട് ധ്രണ്ണികർദ്ധന ഉപാസിക്കുന്നു പരബ്രഹ്മത്തെ അറിയുന്നു പരം അല്ലാത്തത് അപരം എന്നാ പരം അപരം പരബ്രഹ്മത്തെ ഉപാസിക്കുന്നില്ല ഉപാസനെല്ലാം അപരബ്രഹ്മത്തെയാണ് സ്വാഭാവികമായൊന്നിനെ ഉപാസിക്കാൻ പറ്റും ധ്യാനിക്കാൻ പറ്റും നിരുപാധികമായൊന്നും ഉപാസിക്കാൻ പറ്റത്തില്ല അവന് അദ്വൈത മതമനുസരിച്ച് അവന് അറിയാനേ പറ്റും അല്ലാതെ ഉപാസിക്കാൻ പറ്റത്തില്ല ഉപാസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി വേണം അല്ല അങ്ങനെ ഉപാസിക്കും വിഷ്ണുവിനെ ധ്യാനിക്കുന്നു വിഷ്ണുവിന്റെ രൂപം അത് ഒരു ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് വിഷ്ണുവിനെ ധ്യാനിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ഉപാധിയോടത്തെ ധ്യാനം നടത്തും അവരെ ആലംബം വേണം നിരുപാധിയുമായിരിക്കുന്ന പരബ്രഹ്മത്തെ എങ്ങനെ ധ്യാനിക്കും എന്ത് എന്തെന്ന മനസ്സിൽ എന്ത് ആലംബനത്തെ സ്വീകരിച്ചുകൊണ്ട് ധ്യാനിക്കും കഴിയത്തില്ല അതുകൊണ്ടതിനെ ഞാത്ത അതിനെ അറിഞ്ഞിട്ട് പറയുന്നു അതിനറിയാന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിക്കില്ല ഞാനും അതിനെ നേടിയിട്ട് എന്നറിയും അതിനും വിഷയമായിട്ട് അറിയാൻ കഴിയത്തില്ല ആ നിർബാധമായ പരബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അങ്ങനെ എന്ന് പറയുന്നു അനിർപാധീകമായ പരബ്രഹ്മത്തിൽ തന്നെയാണ് സ്വാഭാവികമായിട്ടും ജീവഭാവത്തിലും എല്ലാം സ്വീകരിച്ചിരിക്കുന്നത് അനിരപാധികമായ പരബ്രഹ്മത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നവനാണ് ഞാൻ ഫലമനുഭവിക്കുന്നവനാണ് എന്നിങ്ങനെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട ചിന്തകൾ അന്ധകരണവുമായി ബന്ധപ്പെട്ട ചിന്തകളെല്ലാം വരുന്നത് ഇതിന് ഇതൊന്നും ഉണ്ടാക്കേതി എന്നതിനെല്ലാം നിഷേധിച്ചിട്ട് അല്ലെങ്കിൽ കേവലമായ അച്ഛതാനന്ദ സ്വരൂപമാണ് എന്നിങ്ങനെ അതിനെ ധരിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യത്തിൽ ധരിക്കുന്നത് ജ്ഞാനം ജ്ഞാത്മ അങ്ങനെ ജീവാത്മ പരമാത്മ ഏത ഭാവത്തിൽ ജയിക്കുന്നത് സസോ മസിഹം ബ്രഹ്മാസം തുടങ്ങിയ വാക്യങ്ങളെന്ന് അങ്ങനെ അറിയുന്നത് ജ്ഞാനം ഗുണങ്ങളോടുകൂടി ചേർത്ത് അവന് ധ്യാനിക്കുന്ന ഉപാസനം ണോ ഓരോ ആഗ്രഹിക്കുന്നത് ഇഹ വേദിച്ചതി അറിയാൻ ആഗ്രഹിക്കുന്നവന് പരബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം അവനെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവന് അപരബ്രഹ്മ പരം അപരം വ സസ്യത്തോ പരമാണോ അപരമാണോ എന്താണോ അവന് വേണ്ടത് സസ്യത്തത്ഭവന അവന് അത് കിട്ടുന്നു എങ്ങനെ പരം ജീത് പരബ്രഹ്മമാണെങ്കിൽ അറിയാം സാക്ഷാത്കരിക്കുന്നു അപരം ജീത് പ്രാപ്തവ്യൂ അപരബ്രഹ്മമാണെങ്കിൽ പ്രാപികനാണെങ്കിൽ ഇരണ്ട വ്യത്യാസം ഉപാസനീ ഞാനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ചെറിയ വാചക പരം ചെയ്ത് ജ്ദവ് പറയുന്നത് ഞാൻ ധ്യാനിക്കുന്നത് ഉപാസന അപരം ചെയ്ത് പ്രാപ്ത ഉപാസകൻ അവിടെ പ്രാപിക്കുന്നത് പ്രാപിക്കുന്ന വെച്ചാണ് സമയത്ത് ഞാൻ ജീവനാണ് അത് തനിക്ക് പ്രാപ്തനായിരിക്കുന്ന ഈശ്വരനാണ് അപ്പം അവിടെ ഭേദഭാവനയാണ് ഭേദഭാവനയോടുകൂടിയുള്ള ഉപാസനങ്ങൾ പറയും ആ ഭേദഭാവനയോടുകൂടിയുള്ള ഭേദഭാവനയാണ് ഉപാസനക്ക് തുടക്കം കുറിക്കുന്ന ഭേദഭാവനയാണ് ജ്ഞാനത്തിന് ഭേദഭാവന ഒരിടത്തുണ്ട് അവിടെ ജീവ ബ്രഹ്മയെന്നുള്ള ജ്ഞാനമാണ് അങ്ങനെ ഉണ്ടാകുന്നത് നല്ലടുത്ത് അങ്ങനെയല്ല ഹിരണിഗർഭൻ ഉപാസിച്ചാലും അണിമാതി ഐശ്വര്യങ്ങളോടുകൂടിയിരിക്കുന്ന ഹിരണ്യഗർഭൻ ആ ഹിരണിഗർഭൻ താനാണെന്ന് ഉപാസിച്ചാലും താനിപ്പോ ജീവഭാവത്തിലിരിക്കുന്നു അണിമാതി ഐശ്വര്യങ്ങളോടുകൂടിയിരിക്കുന്ന ഹിരണിഗർഭനെനിക്ക് പ്രാപിക്കണം ഇതെനിക്ക് അതായി തീരണം എന്ന് പറഞ്ഞ് ധ്യാനിക്കണം അപ്പോ അവിടെ അങ്ങനെ ധ്യാനിക്കുന്നവന് ആ ഹിരണ്യഗർഭസ്ഥാനത്തെ പ്രാപിക്കേണ്ടി വരും ഇരണ്ണി അൽപ്പം പതുകയെ പ്രാപിക്കേണ്ടി വരും പ്രാപിക്കുന്നതിന് വരുന്ന വ്യത്യാസം നമ്മൾ മുമ്പും ചെറുത്തേക്കുള്ളതാണ് പ്രാപിക്കുന്നവൻ മരണസമയത്ത് ഈ ശരീരത്തെ വിട്ടുപോകുന്നു ആ ജീവൻ സഞ്ചരിക്കുന്നത് ശരി ബ്രഹ്മലോകത്തിലേക്ക് സഞ്ചരിക്കുന്നു ഉത്തരാണ മാർഗം എന്ന് പറയുന്നത് ആണ് താർത്തവ്യം യാത്രയിലൂടെ എത്തിച്ചേരുന്ന മറ്റൊരു സ്ഥലമുണ്ട് ഉപാസന ശ്രവണബ്രഹ്മോപാസന ർ ഉപാസകന് അല്ലെങ്കിൽ വേറെ ഏത് ദേവഭാവത്തിൽ ഈശ്വരനുപാസിച്ചാലും വിഷ്ണു ആയിട്ടോ ശിവനായിട്ടോ ദേവിയായിട്ടോ എങ്ങനെ ഉപാസിച്ചാലും ജീവന് ഗതിയുണ്ട് ഉത്ക്രമണമുണ്ട് അപ്പോതവ്യമല്ല പ്രാപ്തവ്യമാണ് ആ സ്വയം പരബ്രഹ്മത്തെയാണെങ്കിലോ അങ്ങനെങ്ങനെ ഉപാസിക്കാൻ പറ്റത്തില്ല അന്യമായി ഉപാസിക്കാൻ പറ്റത്തില്ല കാരണം അതിന്റെ സ്വരൂപമാണ് തന്റെ സ്വരൂപമായിരിക്കുന്നതിന് അന്യമാക്കണം അന്യമാക്കിയിൽ അത് സമയം ഉപാസന അതിന് അവിടെ പ്രാപിക്കാനൊന്നുമില്ല അജ്ഞാനം മാറുക അത്രയുള്ളൂ അജ്ഞാനത്തെ നശിപ്പിക്കുക അജ്ഞാനം നശിക്കുക പരമാർത്ഥത്തിൽ ഇല്ലാത്തതായ ഈ സംസാര ബന്ധത്തെ ഉണ്ടാക്കി കാണിക്കുന്ന അജ്ഞാനം അത് അനിർവചനീയമാണ് സ്വത്തമോ അസവമോ നിർവചിക്കാൻ കഴിയാത്തതാണ് അങ്ങനെയുള്ള അജ്ഞാനത്തെ ജ്ഞാനപ്രകാശം കൂടി അത്രേ ഉള്ളു അവിടെ ജ്ഞാനം പോലും അത്രേ സഹായിക്കുന്നു ഒരു വസ്തുവിനെ അറിയുന്നത് പോലെ ആ പരബ്രഹ്മത്തെ ജ്ഞാന വിഷയമാക്കി അറിയാൻ കഴിയുന്നില്ല മറ്റേ ജ്ഞാനത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അജ്ഞാനത്തെ നിസ്സിക്കുന്നതിന് വേണ്ടി മാത്രം അതിന് ഞാൻ ഉപകരിക്കുന്നു പിന്നെ ശേഷിക്കുന്നെന്താണ് സ്വയം പ്രകാശിക്കുന്ന ആ പരമാത്മാവസ്തുപറഞ്ഞിരിക്കുന്നത് അവിടെ അന്യമായി ഉപാസിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അവിടെ ഉപാസനയില്ല അവിടെ സംസാരം കത്തിരമാണ് ആ കത്തിരമായ സംസാരം വിശേഷം നശിക്കുന്നു ആത്യന്തികമായ സംസാരം നിവൃത്തി വരുന്നു ഇതിന്റെ ജീവൻ എന്നൊരു വേറെ ഭാവമില്ല ഉപാസ ഉപാസക ഭാവമില്ല പ്രാപിക്കേണ്ട ലോകങ്ങളൊന്നുമില്ല പ്രാപിക്കേണ്ട സ്ഥാനമില്ല കേവല അദ്ദേഹ ഭാവം അവടെ ജീവന് ഗമനമില്ല ഗമനാഗമനങ്ങളൊന്നുമില്ല ഏത് സമയമാണോ അവന്റെ ഉള്ളിലിത്തരം ഞാനുണ്ടാകുന്നത് ആ ഞാനം ഉണ്ടാവുന്നതോടുകൂടി അയാൾ മുക്തനായി കഴിഞ്ഞു പിന്നെ ബന്ധനല്ല പിന്നെ വേറെ പ്രാപ്തി സ്ഥാനങ്ങളൊന്നും ഇവിടെ പറയുന്ന യാമ്യം പദം യമന്റെ സ്ഥാനമെന്ന് പറഞ്ഞു വിരണ്ഗൽഭന്റെ സ്ഥാനം ഇത്തരം സ്ഥാനങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല ജീവനുക്രമണമുണ്ട് അതാണ് ഇത് രണ്ടും വേർതിരിച്ചു പറഞ്ഞത് ഒന്ന് ജാതവ്യവും മറ്റൊന്ന് പ്രാപ്തമാണ് ദ്വൈതം എന്നും അദ്വൈതമെന്നു ഈ രണ്ട് ദർശനങ്ങൾ ഈ രണ്ടെണ്ണത്തിൽ അന്തർഭവിച്ചിരിക്കുകയാണ് ദൈതം എന്ന് പറയുമ്പോൾ അവിടെ പ്രാപ്തി എന്തെങ്കിലും ഉണ്ട് അവിടെ അങ്ങനെയുള്ള ഭേദഭാവനയോടുകൂടി ഉപാസനയില്ല തന്നെ അതിന് ഞാനെങ്കിലും ഉപാസന ഭേദഭാവനയിലാണ് ഉപാസിക്കുന്നതെങ്കിൽ അയാൾ ക്രമീണ ഉപാസനയിൽ നിന്നും വിട്ട് ആ ജ്ഞാനത്തിനെത്തിച്ചേരും ഉപാസന മാർഗം വിട്ടിട്ട് ആ പരിപൂർണ ജ്ഞാനത്തിലെത്തിച്ചേരും ഒരാൾ ഉപാസനയിൽ തന്നെ തുടങ്ങി നിൽക്കട്ടെ ഭേദഭാവനയോടുകൂടി ഉപാസന പുരോഗമിക്കുന്നതിനനുസരിച്ചയാളുടെ ആ ഭേദഭാവനം നശിച്ച് അയാൾ അദ്ദേഹ ഭാവത്തിൽ എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേരുമ്പോൾ എത്തിച്ചേരുകയാണെങ്കിൽ പിന്നീട് അയാൾ പ്രാണനും ഉത്കരമിക്കുന്നില്ല അച്ഛനോ ഭേദഭാവനയോടുകൂടി ഉപാസന തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ മരണശേഷം ജീവനും ഉത്കരമുണ്ടാവും അതുകൊണ്ട് ചിലരെല്ലാം ഭേദഭാവന ഉപാസന തുടങ്ങി ഇവിടെ പറയുന്ന അദ്ദേഹ ജ്ഞാനത്തിൽ അങ്ങനെ അവസാനിപ്പിക്കുന്നതായി പറയുന്നുണ്ട് എന്തായാലും ഗുദ്ധി രണ്ടോ അദ്വൈതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഉപാസനയുണ്ടോ അവിടെ ജീവൻ ഉത്രമണമുണ്ട് ജ്ഞാനമാണെങ്കിൽ അവിടെ ജീവനുത്കരമണമില്ല അവിടെ മുക്തി സംഭവിക്കുന്നു പക്ഷെ അതിന് വ്യത്യാസം എന്താണ് അതിനുള്ള ജ്ഞാനാധികാരികൾ വളരെ വിരളം ഉപാസനാധികാരികളാണ് കൂടുതലും ഉള്ളത് രണ്ടെ വ്യത്യാസം അത് രണ്ടു കൂടെ സ്വീകരിച്ചു പരഞ്ചേരി ജ്ഞാദവ്യം പരഞ്ചേൽ പറാത്ത ഇത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് അദ്വൈതത്തിൽ എങ്ങനെ ദൈവത്തെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും നമ്മൾ ഈ പ്രകടനത്തിൽ നിന്നാണ് മനസ്സിലാക്കാം സാധനം നമ്മൾ ധരിച്ചിരിക്കുന്നതിന് ദൈവത്തിന് നമുക്ക് പലതവണ അദ്വൈതവും ദുരിതവും തമ്മിൽ യാതൊരു വിരോധമുണ്ട് ദൈവത്തിന് അദ്ദേഹത്തിന് ഉൾക്കോളം അമ്മയൊക്കെ ഒന്നല്ല ദൈവം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ അദ്വീതത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നാണ് ദൈവത്തിന് വിരോധമായിട്ടുള്ള ഒന്നല്ല ദൈവം അവനും പറയുന്നുണ്ട് അങ്ങനെ പ്രാപ്തവ്യവുമായ ഒരു ദൈവനെക്കുറിച്ച് അവിടെയും പറയുന്നുണ്ട് ജ്ഞാതവീമായ ഒരു ദേവനെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷെ ദൈതത്തിനും അദ്വീതത്തെ ഒക്കെ അർപ്പത്തില്ല എന്താണ് നിങ്ങളുടെ വ്യത്യാസം അദ്ദേഹത്തിന് ദൈവത്തെ ഉൾക്കൊള്ളാം ദൈവത്തിന് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ദൈവത്തെ നിൽക്കുന്നിടത്തോളം കാണാം അസുഖം അദ്ദേഹത്തെ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ ഉൾക്കൊള്ളാം രണ്ടും തമ്മിൽ വിരോധം ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രണ്ടും പറയുന്നു എവിടെയെല്ലാം ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു അവിടെ ഉപാസനയെ കുറിച്ചും പറയുന്നു കാരണം ഭിന്ന അധികാരികൾക്ക് ഇതെല്ലാം ആവശ്യമാണ് ജ്ഞാനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസനക്ക് അധികാരികളായിട്ടുള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്തില്ല അതുകൊണ്ട് ജ്ഞാനത്തെ കുറിച്ച് പറയുന്ന എല്ലാ പ്രകടനങ്ങളും എല്ലാ ഉപനിഷത്തുകളിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉപാസനയെക്കുറിച്ചും പറയും ഭേദഭാവനോടുകൂടിയുള്ള ഉപാസന ആ ഉപാസനയിൽ തന്നെ മുഴുകുന്നതാണ് അദ്വീത മതമനുസരിച്ച് പ്രാപ്തവ്യമാണ് ഫലം ആ പ്രാപ്തവ്യമായ ഫലം ഹിരണ്യഗർഭസ്ഥാനമാണെങ്കിൽ അയാൾക്ക് വെച്ച് ജ്ഞാനം ഉണ്ടാകുമെന്നും മോഷണം ലഭിക്കുന്നു പറയുന്നത് കൊണ്ട ഉപാസന മാർഗത്തിൽ കൂടി ദേവ മാർഗത്തിൽ കൂടി പോകുന്നവനും മരണശേഷം ബ്രഹ്മലോകത്തിൽ വെച്ച് മുക്കി എന്നാണ് പറയുന്നത് അവസരം ഞാനുമാണ് എങ്കിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ മുക്കിയാണ് രണ്ടും തമ്മിലെ വേദദ്ദേവ ഓംകാരം തന്നെയാണ് അക്ഷരം ബ്രഹ്മ അപരബ്രഹ്മമായിരിക്കുന്നത് വേദദ്ദേവ ാരം തന്നെയാണ് പരം അക്ഷരം പരം ബ്രഹ്മമായിരിക്കുന്നത് അക്ഷരം ഈ അക്ഷരബ്രഹ്മത്തെ ഉപാസിച്ചിട്ട് യഹ എതിച്ചവൻ ഏതാഗ്രഹിക്കുന്നു തസ് തത് അവനാദി ലഭിക്കും നമ്മുടെ ഭാഷ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പരബ്രഹ്മത്തെ അറിയുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം നോയടിച്ചി ഒരുവൻ ഏതൊന്ന് ആഗ്രഹിക്കുന്നുവോ എന്ന് പറഞ്ഞപ്പോ ഏതോ ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു പരബ്രഹ്മമാണെങ്കിൽ അറിയുന്നു അപരബ്രഹ്മണ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു ഏത് കാലംബനം ശ്രേഷ്ഠം ഏത് ദാലംബനം പരം ഏത് ദാലംബനം ജ്ഞत्वा ബ്രഹ്മരോഗീ മഹീയതേത് ഏത് ആലംബനം ശ്രേഷ്ഠം ഏത് ദാലംബനം പരം ഏത് ആലംബനം േദനം പരം ഏതം ജാ ബ്രഹ്മപ്രാപ്തലംബനാനം ശ്രേഷ്ഠം പ്രശസ്തമ ്രഹ്മപ്രാപ്തി ആലംബനാണ് ബ്രഹ്മപ്രാപ്തിക്കുള്ള ആലംബനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ് പ്രശസ്തി ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതാണ് ബ്രഹ്മപ്രാപ്തിക്കുള്ള ആലംബനങ്ങൾ ഒരുപാടുണ്ടോ അതിന് ഏറ്റവും ശ്രേഷ്ഠമാണ് ഏതകാലംബനം പരം അപരം പരാപര ബ്രഹ്മവിഷയത്വമാണ് വേദകാലംബനം പരം അവിടെ അപരം എന്നുള്ള ഭാഷകാരും ചേർത്തു സന്ദർഭം അനുസരിച്ച് ഈ ആലംബനം തന്നെയാണ് ഓം തന്നെയാണ് പരവും അവരവും എന്തുകൊണ്ട് പരാപരബ്രഹ്മ വിഷയത്വ പരാപര ബ്രഹ്മ രണ്ട് തന്റെ വിഷയമാണ് ഓമെന്ന് പറയുന്നത് പരബ്രഹ്മത്തെയും ഗ്രഹിക്കാം അവരബ്രഹ്മത്തെയും ഗ്രഹിക്കാം രണ്ടിനെയും ഗ്രഹിക്കാം ഏതാലനം ഞാത്ത ബ്രഹ്മലോകേ മഹീയത ഈ ആലംബനത്തെ ഓമിനെ അറിഞ്ഞിട്ട് അത് വിശദീകരിക്കുന്നറിഞ്ഞിട്ട് ബ്രഹ്മണി അപരസ്മിൻ പരസ്മിൻ ബ്രഹ്മണി ആ പരബ്രഹ്മത്തെ ആണെങ്കിലോ ബ്രഹ്മഭൂതോ അറിഞ്ഞിട്ട് ബ്രഹ്മഭൂതനായി ബ്രഹ്മസ്വരൂപനായി ബ്രഹ്മവത് ഉപാസ്യഭൂതി പരബ്രഹ്മത്തെ പോലെ തന്നെ അവൻ ഉപാസ്യനായി തീരുന്നു ബ്രഹ്മലോപി മഹീയതയും അപരസ്നിസ്ത അപരബ്രഹ്മത്തെയാണെങ്കിലോ അങ്ങനെ സംബന്ധിച്ചോ അങ്ങനെയാണ് ഇയാക്ക ഉപാസിച്ചിട്ട് പരബ്രഹ്മത്തെയാണെങ്കിൽ അറിഞ്ഞിട്ട് അപരബ്രഹ്മത്തെ ഞാന് ഉപാസിച്ചിട്ട് രണ്ടും കൂടെ ചേർന്നു പരസ്യം ബ്രഹ്മി അപരസ്വിൻ ബ്രഹ്മഭൂതം ബ്രഹ്മസ്വരൂപമായി തീരുന്നു പരബ്രഹ്മത്തെയാണെങ്കിൽ മറ്റത് അപരബ്രഹ്മ ഉപാസിച്ചിട്ട് ബ്രഹ്മ ഉപാസ്യോഭവനായിത്തീരുന്നു ്രഹ്മ തുല്യമായി അവന് ഉപാസ്യനായിക്കിയിരുന്നു പലി ബ്രഹ്മസ്വരൂപനായി പലിമവത് ആയി പരബ്രഹ്മത്തിനാണെങ്കിൽ അവന് ബ്രഹ്മസ്വരൂപം തന്നെ അയക്കിയിരുന്നു അപരബ്രഹ്മത്താണെങ്കിലും ബ്രഹ്മവത് ആ ബ്രഹ്മത്തെപ്പോലെ എന്ന് പറഞ്ഞാൽ ആ രണ്ടീകർദ്ധന തുല്യം അവന് ഉപാസ്യനായിക്കിയിരുന്നു ഉപാസിക്കുന്നവനുപാസ്യനായിക്കിയിരുന്നു ഇവിടെ ബ്രഹ്മലോകം എന്ന് പറയുന്നതിന് ഇവിടെ രണ്ടായിട്ടിടക്കും ഒന്ന് പരബ്രഹ്മവും മറ്റൊന്നും രണ്ടിനെയും അടക്കം അവനെ അറിയുകയാണെങ്കിൽ ബ്രഹ്മസ്വരൂപനായി അനുപാസ്യായിത്തീരുന്നു അവൻ ഉപാസിക്കുന്നവനാണെങ്കിൽ ആ ബ്രഹ്മത്തെപ്പോൾ എന്നിട്ട് അവൻ ഹിരണ്യകർഭസ്ഥാനം വരെ പ്രാപിച്ചിട്ട് ഉപാസ്യനായിത്തീരുന്നു അവന്റെ അർത്ഥം പറഞ്ഞുസ്യനായിത്തീരുന്നു സാധാരണ മഹീതി എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടുന്നു എന്നാണ് അത് തന്നെ പറയുന്നു ഉപാസ്യനായിത്തീരുന്നു അവനും പൂജാർഹനായിത്തീരുന്നു ആ ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ ആ ബ്രഹ്മസ്വരൂപം തന്നെ ബ്രഹ്മസ്വരൂപമാവുമ്പോൾ ഉപാസ്യനായിത്തീരുന്നു മറ്റുള്ളവര് അവനെ ഉപാസിക്കുന്നു പരബ്രഹ്മത്തിൽ ഉപാസിക്കുന്നത് പോലെ തന്നെ പരബ്രഹ്മത്തെ ഏതൊക്കെ രീതിയിൽ ഉപാസിക്കാമോ ആ രീതിയിലെല്ലാം ബ്രഹ്മഭൂതനായതിനെ ഉപാസിക്കാം ഒരു വ്യത്യാസം ഇല്ലാണ്ട് നിങ്ങൾ പരബ്രഹ്മസ്വരൂപം തന്നെ പരബ്രഹ്മസ്വരൂപം തന്നെയാണ് ഞാൻ ബ്രഹ്മനിഷ്ഠനായ ബ്രഹ്മജ്ഞനായിരിക്കുന്ന ഞാൻ മുക്തപുരുഷനെ ഉപാസിക്കാന്ന് പറഞ്ഞത് ബ്രഹ്മമായിട്ട് തന്നെ ഉപാസിക്കുന്നു ഈശ്വരൻ നിന്ന് അന്യമായിട്ടല്ല അതാണ് ഇവിടെ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ എന്ന് പറയുന്നത് അപ്പൊ ഗുരുവിനെ ഉപാസിക്കുമ്പോ അത് ഈശ്വര ആരാധനല്ലേ അവന് അല്പോടെ കുറയുന്നുണ്ട് ബ്രഹ്മപുരം ബ്രഹ്മസ്വരൂപമായിട്ട് തന്നെ ഉപാസിക്കുന്നു ലേശവും കുറയ്ക്കേണ്ട കാര്യമില്ല ഇനി ഉപാസിക്കുന്നവരാണെങ്കിൽ കൂടി അവനും അതുപോലെ തന്നെ ഉപാസനായിട്ടീരുന്നു എന്താ ഉപാസനായാലും ഞാനും രണ്ടുപേരായാലും അത്വരനായിട്ട് തന്നെ ഉപാസിക്കുന്നു എന്നാണ് ഈശ്വരനെ പോലെയൊന്നുമല്ല ബ്രഹ്മസ്വരൂപനായിട്ട് തന്നെ ഉപാസിക്കുന്നു ആരാധിക്കുന്നു പൂജിക്കുന്നു എല്ലാ തരത്തിലുള്ള ഉപാസനകളും അതുപോലെ അർപ്പിക്കുന്നു ഗുരുക്കന്മാരെ പൂജിക്കുക ആരാധിക്കുക അതങ്ങനെ ഈശ്വരനെ ദുല്യമായി ആരാധിക്കാവും എന്നൊക്കെ സാധാരണ അതൊരു സംശയം പ്രകടിപ്പിക്കാറുണ്ട് ഗുരുക്കന്മാരെ ആരാധിക്കുന്നത് വ്യക്തികളെ പൂജിക്കണം മനുഷ്യ ദൈവങ്ങളെ പൂജിക്കുന്നൊക്കെ പറയുന്നു പലരും ബുദ്ധിജീവികളൊക്കെ വിമർശിക്കാറുണ്ട് ശ്രുതി ഇങ്ങനെയാണ് പറയുന്നത് അത് ഈശ്വരനായിട്ട് തന്നെ ആരാധിക്കണമെന്ന് ഈശ്വരനെ പോലെയെന്നും അല്ല ഈശ്വരനായിട്ട് തന്നെ ആരാധിക്കാറുണ്ട് ്രഹ്മസ്വരൂപികളാണ് അപ്പൊ ഇത് അറിയാമയ്യാത്തോണ്ടല്ലേ വിമർശിക്കുന്നത് ഒരാളും മറ്റൊരാള് ആരാധിക്കുന്നത് കാണുമ്പോ അസൂയ തോന്നുകൊണ്ടാണ് തന്നെ ആരാധിക്കുന്നില്ലല്ലോ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നില്ല എന്നെ ആരും ആരാധിക്കുന്നുണ്ടല്ലോ അത് പറയാൻ പറ്റത്തില്ലല്ലോ പരസ്യമായി അതുകൊണ്ടും അസൂയ കൊണ്ടാണ് വിമർശിക്കുന്നത് അല്ലാതെ അത് ആരാധിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായത്തിൽ തന്നെ ആരാധിക്കാമെങ്കി ആരെങ്കിലും വിമർശിക്കും ഇതൊരാളിനെ ആരാധിക്കുമ്പോൾ എടുത്തിരിക്കുന്നത് തന്നെ ഒരാളെ ആരാധിക്കുന്നു ആരാധന എല്ലാവർക്കും ഇഷ്ടം ആരും കുറ്റം പറയത്തില്ല മറ്റൊരാളെ ആരാധിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റത്തില്ല സഹിക്കാൻ പറ്റുന്ന അസൂയ അത്രയാണ് അതുകൊണ്ടാണ് മനുഷ്യർ പറയുന്നത് ആക്ഷേപിക്കുന്നു അങ്ങനെ ആരാധിക്കാൻ പാടില്ല മനുഷ്യരൈവങ്ങളെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്നു വലിയൊരു ചർച്ചയാണ് പത്രങ്ങളും മാസികകളും അതിലെല്ലാം ഇതിന്റെ തത്വം ഇതാണ് എന്നാൽ ഈ മനുഷ്യരെല്ലാം എന്തിനെങ്കിലും ഒക്കെ ആരാധിക്കുന്നവരാണ് അവനെ ആരാധിക്കാത്തവരാരും ഇല്ല ഒരുപാട് വ്യക്തികളെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ആരാധിക്കുന്നവരാണ് ഈശ്വരനെ ആരാധിക്കുന്നതിനാണ് അവർക്ക് പരാതിയുള്ളത് അങ്ങനാരെങ്കിലും ഈശ്വരനായി ആരാധിക്കുമ്പോൾ അത് പരാതിയുള്ളത് പാടില്ലാ അത് പാടില്ല എന്ന് പറയുന്നതിന് അവർ അങ്ങനെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് വേദമോ ഭഗവത്ഗീതയോ എന്താണെന്നൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാതി അവര് ില്ല അന്ധവിശ്വാസമില്ല അപ്രാമാണികമല്ല എന്നൊക്കെയുള്ള ഇതൊക്കെയാണ് പ്രമാണം ആലംബനം മാകുന്ന ആലംബനം ശ്രേഷ്ഠം ഏറ്റവും ശ്രേഷ്ഠമാണ് ഏതാലനം ഈ പരം പരവും ഷ്യത്തിൽ വ്യാഖ്യാനിച്ചത് പരബ്രഹ്മത്തിനും അപരബ്രഹ്മത്തിനും വേണ്ടിയുള്ളതാണ് ഏതത് ആലംബനം ഈ ആലംബനത്തെ ഞാത്തു അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉപാസിച്ചിട്ട് രണ്ടർത്തും പറയുന്നുണ്ട് ബ്രഹ്മലോകേ പര അപര ബ്രഹ്മരൂപത്തിൽ മഹീയെ ഉപാസം ആയിത്തീരുന്നു അടുത്തത് ഭവഗീതി വരുന്ന ഒരു ശ്ലോകം ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇതിന്റെ അതിലുപം മാറ്റം വന്നാണ് രീതിയിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് ആ പരമാത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ച് പറയുന്നത് അജോ നിത് ശാശ്വതോയം പുരാണോ ൂവ കശി അജ നിത്യ ശത പുരാണോ ഹ്യത്തെ ഹ്യമാന ശരീരേ നാല്യത്തെ വാശി ോട് ചോദിച്ചു ചികിത്സ മരിച്ചവരെ കുറിച്ചുള്ള സംശയം ഇതാണ് ചോദ്യം അപ്പൊ ഇതുവരെയുള്ള മറുപടി ആകുമ്പോൾ നോക്കു തോന്നുന്നു ഈ ചോദ്യത്തിന് ഇതുവരെ മറുപടി വന്നില്ലല്ലോ എന്നാണ് മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നോ മരിച്ചവരെ സംബന്ധിച്ച് എന്താണെന്നൊന്നും പറയുന്നില്ല അപ്പൊ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് പക്ഷെ ആ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടിയാണ് ഇതിന് മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു അതിലൂടെ പറയുന്നു എന്നാ ജാഗ്രതയും പ്രീതയും മരിക്കുന്നില്ലല്ലോ മരിച്ചിട്ടില്ല പിന്നെ മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു അനുഷ്ഠിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ആരും മരിക്കുന്നില്ല അതിന് ജനിക്കുന്ന ജനിക്കുന്നുണ്ട് എന്നോദ്യത്തിന് നിശ്ചയിക്കുള്ള ഒരു ഉത്തരം പറയുകയാണ് ഈ മന്ത്രത്തിൽ അപ്പൊ ഇങ്ങനെ ഒരു ആശയത്തെ പറയണമെന്നുണ്ടെങ്കിലാണ് പ്രാരംഭമായിട്ട് പല കാര്യങ്ങളും പറയുന്നത് അതാണ് ഇതുവരെ പറഞ്ഞുള്ളത് മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചോ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്ന ആശയ കുഴപ്പമുണ്ടാകും അപ്പൊ ആത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ച് പറഞ്ഞു അങ്ങനെ വന്നതിന് ശേഷം വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരവെന്താണ് അതിവിടെ പറയുകയാണ് മരിക്കുന്നുമില്ല ജനിക്കുന്നുമില്ല അതാണ് പരമാർത്ഥം അതാണ് ഇവിടെ പറയുന്നത് അത് വിശദീകരിക്കുന്നു അന്യത്ര ധർമാന പൃഷ്ട ആത്മനോ വിശേഷരഹിത ആലംബനത്തിന് പ്രതീകത്തിന് ഓങ്കാരോ നിർദ്ദിഷ്ട ചോദിച്ചത് ആദ്യം നജിയേഴ്സ് ചോദിക്കുന്നതും മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നാണ് അത് കഴിഞ്ഞ് ശരി നജയേസും ആ ചോദ്യം മാറ്റി ശരിക്കും ധർമാധങ്ങൾക്ക് ഉപരിയായിരിക്കുന്ന ആത്മാവിനെ ഉപദേശിക്കുക എന്ന് പറഞ്ഞു കാരണം അന്യത്ര ധർമ്മിത്യാദന പൃഷ്ഠസ്യാത്മനോ അശേഷ വിശേഷ രഹിത യാതൊരു വിശേഷമുണ്ടാകും ഓരോ തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്തതായ യാതൊരു ഗുണങ്ങളിലൂടെയും വിശേഷിപ്പിക്കാൻ കഴിയാത്തതായ നിരുപാധിക സ്വരൂപമായിരിക്കുന്ന കേവലസ്വരൂപമായിരിക്കുന്ന ആ ആത്മാവിനെ ആത്മാവിന്റെ ആലംബനത്തിന് പ്രതീകത്തിന് ആലംബനമായിട്ടും പ്രതീകമായിട്ടും മനനത്തിനൊരാലംബനമായിട്ടും ജ്ഞാനത്തിന് ഒരു ആലംബനമായിട്ടും ഉപാസനയ്ക്കുള്ള ഒരു പ്രതീകമായിട്ടും ഓങ്കാരവും നിർദ്ദേശ ഓങ്കാരത്തെ നിർദ്ദേശിച്ചു രണ്ടിനെയും നിർദ്ദേശിച്ചു ഈ അദ്വൈത ഭാഷത്തിലെല്ലായിടത്തും ബ്രഹ്മം എന്നുള്ള ഈ ശബ്ദം വരുമ്പോൾ ോ ഭാഗത്തും അത് രണ്ടു തരത്തിലുമായിട്ടൊന്ന് പരബ്രഹ്മം അല്ലെങ്കിൽ അപരബ്രഹ്മം എന്നുള്ളത് മനസ്സിച്ച് കൊണ്ടായിരിക്കും എല്ലായിടത്തും പറയുന്നത് ചിലടത് പരബ്രഹ്മത്തെ ഉപദേശം ചിലടത്ത് അപരബ്രഹ്മത്തെ ഉപദേശിച്ചത് അപ്പൊ പരബ്രഹ്മത്തെ ഉപദേശിച്ച് പറയുന്നിടത്തെല്ലാം ജ്ഞാനവും അപര ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഉപാസനയുമാണ് സാധനയായിട്ട് നിർദ്ദേശിക്കുന്ന എല്ലായിടത്തും അത് സ്പഷ്ടമായി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അത് അപ്പൊ ഇവിടെയാണോ പരബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് അവിടെ പറയുന്നത് ജ്ഞാനത്തെ ഇവിടെ അപര ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് അവിടെയുള്ള ഉപാസനയെ പറയുന്നത് മനസ്സിലായി ഇത് രണ്ടും കേട്ടാൽ നടന്നുവരും അപരക്ഷിച്ച ബ്രഹ്മണേ മന്ദ മധ്യമ പ്രതിപത്രി പ്രതി അപരബ്രഹ്മത്തിനും മന്ദ മധ്യമ പ്രതികത്തും പ്രതി മന്ദ മധ്യമ പ്രതിഭർത്താക്കളും ഉദ്ദേശിച്ചതിനെ അറിയാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ച് പറഞ്ഞാണ് പരബ്രഹ്മത്തിന്റെയും അപരബ്രഹ്മത്തിന്റെയും മന്ദ മധ്യമ അധികാരികൾക്ക് ഉദ്ദേശിച്ചു ഓങ്കാരത്തെ ആലംബനമായിട്ടും പ്രതീപികമായിട്ടും നിർദ്ദേശിച്ചു അതിന് ഉത്തമന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പം മന്ദ മധ്യമന്മാരെ കുറിച്ചാണ് പറയുന്നത് ഉത്തമന്മാരെ കുറിച്ച് അടുത്ത് പറയുന്നത് അത് ഇതാനും ഓങ്കാര ആലംബന സാഗ്ന സാക്ഷാസ്വരൂപനിർദ്ധാരീഷയ ഇതമുച്ചിത് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഓങ്കാരമാകുന്ന ആലംബനത്തോ കൂടിയതാണ് ആത്മാവ് അതിന്റെ സാക്ഷാസ്വരൂപ നിർദ്ദേശം നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി നിശ്ചയിക്കുന്ന ആഗ്രഹം കൊണ്ട് ഇത് പറയുകയാണ് അതിന്റെ സാക്ഷാസ്വരൂപത്തെ നിർദ്ദേശിക്കുകയാണ് സാക്ഷാസ്വരൂപത്തെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് ഉത്തമന്മാർക്ക് വേണ്ടി പറയുന്നത് അസുഖ സാക്ഷാത് സ്വരൂപ നിർദ്ധാരണം അവിടെ ഉപാസന മന്ദ മധ്യമന്മാർക്ക് വേണ്ടിയിട്ടാണ് ഉപാസന പറയുന്നത് പ്രതീകമായിട്ടും ആലംബരമായിട്ടും ഉപാസന പറയുന്നത് ഉപാസനയിൽ അധികാര ഭേദമനുസരിച്ച് മന്ദ മധ്യമ ഭേദമനുസരിച്ച് ഉപാസനക്ക് വ്യത്യാസമുണ്ടായിരിക്കുക അസുഖ ഉത്തമന്മാരായ സംബന്ധിച്ച് അതിന്റെ സ്വരൂപത്തെ നിർദ്ദേശിക്കുകയാണ് എങ്ങനെ നിർദ്ദേശിക്കുന്നു ന ജായതേ ന ഉത്പത്തി ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഉണ്ടാവുന്നില്ല മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു പറഞ്ഞു മരിക്കുന്നില്ല എന്തുകൊണ്ട് മരിക്കുന്നില്ല അത് ജനിക്കുന്നില്ല ജനനമില്ലാത്തതുകൊണ്ട് മരണമത് സംഭവിക്കുന്നില്ല അപ്പൊ മരണത്തിന് ശേഷം തനിക്കെന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം ചോദിക്കുന്ന ആളെ ഉദ്ദേശം തനിക്കെന്താ സംഭവിക്കുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ എല്ലാവരും ചോദിക്കുന്നതാണ് മരണശേഷം എന്താ സംഭവിക്കുന്നു ഇത്തരം കിട്ടുമെന്നും ഉത്തരം കിട്ടുകയെന്നു പറയുന്നു ഇവിടെ എന്താണ് പറയുന്നത് മരണമെന്ന് പറയുന്ന ഒരു കാര്യമേ സംഭവിക്കുന്നില്ല പിന്നെ മരണശേഷത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം മരിച്ചതിന് ശേഷം ചിന്തിക്കേണ്ട അപ്പൊ പിന്നെ മരണം സംഭവിക്കുന്നതും അത് കേവലം ശരീരനാശം ശരീരനാശമാണ് മരണമെന്ന് വെച്ചാൽ നാശം എന്ന അർത്ഥത്തിൽ അത് പൂർണ്ണമായൊരു നാശമല്ല കേവല ശരീരനാശമാണ് അതൊക്കെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് നമ്മൾ ധരിക്കുന്ന രീതിയിൽ മരണം സംഭവിക്കുന്നില്ല ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല ശരീരനാശമേ സംഭവിക്കുന്നു അതിനെ തന്റെ നാശമായ ഒരാൾ തന്റെ നാശം സംഭവിക്കുന്നില്ല മറ്റുള്ളവരെ നശിക്കുന്നു മരിക്കുന്നു അതുകൊണ്ട് തനിക്ക് വാങ്ങുന്നവരെ നാശം സംഭവിക്കുമെന്നും ഭ്രമിക്കുകയാണ് അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അപ്പൊ അയാൾ സംശയിക്കുന്നുണ്ടാണോ താൻ നശിച്ചതിന് ശേഷവും പിന്നെ തന്നെന്തോ അവശേഷിക്കും അതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ വരുന്നത് അതുകൊണ്ട് താൻ നശിക്കുന്നുണ്ട മറിച്ച് തന്റെ ശരീരമേ മരിക്കുന്നള്ളൂ എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഉത്പത്തി മതോ വസ്തുനോ അനുസരിച്ച് അനേക ഉത്പത്തിയുള്ള വസ്തു അനിത്യമായ വസ്തുവാണ് അനേക വിക്രിയാ അനേക വികാരങ്ങളുണ്ട് ഉൽപ്പന്നമാവുക പിന്നെ അത് വളരുക കരണാമകം സംഭവിക്കുക അത് ക്ഷയിക്കുക നശിക്കുക ഇങ്ങനെ അനേക വികാരങ്ങളുണ്ട് ഉൽപ്പന്നമാവുന്ന വസ്തു അപ്പൊ തനിക്കുപത്തി ഉൽപന്നമായ തന്റെ ശരീരത്തിനാണ് ഉപ്പത്തി ഉണ്ടായത് അപ്പോ അതിന് വളർച്ചയുണ്ടാവും വൃദ്ധിയുണ്ടാവും ക്ഷയമുണ്ടാവും നാശം ഉണ്ടാവും അനേക വിക്രിയാ ആദ്യന്റെ ജന്മവിനാശലക്ഷണേ വിക്രിയെ ഇഹ ആത്മന് പ്രതിഷിദ്ധിയതേ അങ്ങനെ ഉണ്ടാകുന്ന വികാരങ്ങൾ പല വികാരങ്ങളും ഉണ്ടാകാം അതിൽ ആദ്യയിലും അന്ത്യത്തിനുള്ള രണ്ട് വികാരങ്ങൾ ആദ്യയിലുള്ള ഉത്പത്തി അവസാനത്തിനുള്ളത് നാശം ഒരു വസ്തുവിന് ആദ്യമായി ഉണ്ടാകുന്ന ഉത്പത്തി എന്ന് വികാരം അവസാനം ഉണ്ടാകുന്ന നാശം എന്ന് വികാരം ഇതിന് രണ്ടിനു ആത്മന് പ്രതിഷിദ്ധിയതേ ആത്മാവിന് ഇതിലെ നിഷേധിക്കുന്നു ആത്മാവിന് ഇത് പ്രഥമം ആദ്യമേ തന്നെ അതുകൊണ്ട് തനിക്ക് ജന്മം ഉണ്ടായിന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തിന് ജന്മം ഉണ്ടായി എന്ന അർത്ഥമുള്ളൂ തനിക്ക് മരണം സംഭവിക്കുന്നു പറഞ്ഞാൽ ശരീരത്തിന് മരണം സംഭവിക്കുന്ന അർത്ഥമുള്ളൂ ഈ രണ്ടിനെയും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിന് ഇത് രണ്ട് സംഭവിക്കുന്നില്ല സർവ വിക്രിയാ പ്രതിഷേധാർത്ഥം സർവ്വ വിക്രിയകളെയും വികാരങ്ങളെയും ആത്മാവിന് നിഷേധിക്കുന്നു ജാഗ്രതയും മറിയതാണ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്നാണ് ജനന മരണങ്ങളില്ല എന്ന പറയുന്നു അതുകൊണ്ട് മരണശേഷമുള്ള ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്നത് തനിക്ക് നാശം ഉണ്ടാവുന്നു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അങ്ങനെ അന്വേഷിക്കുന്നതിന് അർത്ഥമില്ല ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിലോ അത് നശിക്കുന്നു അപ്പൊ ശരീരത്തെ കുറിച്ചാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ മരണശേഷം എന്ത് സംഭവിക്കുന്നു ശരീരം നശിക്കുന്നു ഉണ്ടായതെന്ന് നശിക്കുന്നു പിന്നെ അതില്ല ആത്മാവിനെ കുറിച്ചാണെങ്കിലും അതൊന്നും നശിക്കുന്നില്ല മരണശേഷം അതിനൊരിക്കലും മരണം സംഭവിക്കുന്നില്ല അത് മരണത്തിന് മുമ്പ് വന്നതുപോലെ തന്നെ മരണശേഷവും ശരീരത്തിന്റെ നാശത്തിന് മുമ്പ് വന്നതുപോലെ ശരീരനാശേഷവും അത് നിലനിൽക്കുന്നു എന്തുകൊണ്ട് അതാണ് അടുത്ത് പറഞ്ഞു വിഭസ്റ്റിത് മേധാവി ആ പരിലുത ചൈതന്യ സ്വഭാവത്വ അത് മേധാവിയാണ് എന്ന് വെച്ചാൽ മേധാവി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനം എന്ന അർത്ഥത്തിനല്ല ചൈതന്യ സ്വഭാവത്തോടുകൂടി വന്നത് ജ്ഞാനസ്വരൂപത്തോടുകൂടിയാണ് ആ പരിലുപ്തമായ ഒരിക്കലും നശിക്കാത്തതായ ചൈതന്യ സ്വഭാവത്താ ചൈതന്യമാണ് അതിന്റെ സ്വഭാവം സ്വരൂപം ഒരിക്കലും നശിക്കാത്തതായ ചൈതന്യ സ്വരൂപമായിരിക്കും ആ ചൈതന്യത്തിന് ജ്ഞാനത്തിന് നാശമില്ല എന്ന് അത് നശിക്കുന്നില്ല മരണത്തെയും അറിയുന്ന ആ ഞാനം അത് മരണത്തിനും നശിക്കുന്നില്ല ശരീരവേയും നശിക്കുന്നുള്ളൂ അതാണ് വിപശിത് ജ്ഞാനസ്വരൂപനായതുകൊണ്ട് മാത്രമല്ല എന്താണ് നയമാത്മാശ്ചിത് കാരണാന്തരം ഈ ആത്മാവ് കാരണാന്തര ഏതെങ്കിലും ഒരു ബഭുവ ഉണ്ടായില്ല ഇത് ഉണ്ടായതല്ല മറ്റേതെങ്കിലും ഒന്നിൽ നിന്നും ഉണ്ടാകുന്നില്ല മാതാപിതാക്കളിൽ നിന്നും ഉണ്ടാകുന്നത് ശരീരമാണ് ആത്മാവാണ് ആ ശരീരം മറ്റൊന്നിൽ നിന്നും ഉണ്ടാകുന്നില്ല അസ്മാശ്ച ആത്മനുബൂത അർത്ഥാന്തരഭൂതം അതുപോലെ തന്നെ ആത്മാവിൽ നിന്നും മറ്റൊന്നും ഉണ്ടായിട്ടില്ല അർത്ഥാന്തരഭൂതം മറ്റൊരു വസ്തു ആത്മാവിൽ നിന്നും യാതൊന്നും ഉണ്ടാകുന്നില്ല ആത്മാവ് മറ്റൊന്നിൽ നിന്നും ഉണ്ടാകുന്നില്ല ആത്മാവിൽ നിന്നാകുന്നുണ്ടോ നമ്മുടെ ഈ മനസ്സേ ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ടായി പ്രവർത്തിക്കുന്നു ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം പറയുന്നു അതൊന്നും ആത്മാവിൽ നിന്നും ഉണ്ടാകുന്നില്ല അതെല്ലാം ഈ അന്ധകരണത്തിൽ നിന്നുണ്ടാകുന്നതാണ് വിചാര വികാരങ്ങളും എല്ലാം അന്ധകരണത്തിലാണ് ഉണ്ടാകുന്നതെന്ന് നശിക്കുന്നു അർണവൽ നിന്നും ഉണ്ടാകുന്നില്ല ഒന്നും നശിക്കുന്നുണ്ട് ഈശ്വരൻ നിന്നും ഉണ്ടാവുന്നു പറയുന്നതും ഈശ്വരൻ നിന്നും ഉണ്ടാകുന്നുണ്ട് ഈശ്വരനെ സൃഷ്ടിച്ചു എന്ന് അതും പരമാർത്ഥത്തിൽ ഈശ്വരന്റെ സൃഷ്ടി നടക്കുന്നില്ല ഈശ്വരന്റെ സൃഷ്ടിയെന്ന് പറഞ്ഞാൽ കൽത്തീരമായ സൃഷ്ടിയാണ് വാസ്തവത്തിൽ ഇല്ലാതാണ് അപ്പോൾ പരമാർത്ഥത്തിൽ ഉണ്ടാകുന്നില്ല എന്നാണ് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം കൽപ്പീരമായ രീതിയിലല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആത്മാവ് പരമാർത്ഥത്തിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല സൃഷ്ടി സ്ഥിതി നയങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഈശ്വരനാണ് ജഗ കർത്താവ് എന്ന് പറയുന്നത് പരമാർത്ഥമാണ് പരമാർത്ഥത്തിൽ ഈശ്വരൻ ജഗത്തിന് കർത്താവാണ് ഈശ്വരൻ സൃഷ്ടി സ്ത്രീകളെല്ലാം കൽപ്പിതമായ രൂപത്തിൽ വാസ്തവത്തിലല്ല നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈശ്വരന് ജഗത്കർത്താവ് ജഗത് സൃഷ്ടാവ് എന്ന് പറയുന്ന അദ്വൈതമനുസരിച്ച് ഈശ്വരൻ ജഗത്തിന് സൃഷ്ടാവല്ല വാസ്തവത്തിലുള്ള ഒരു ജഗത്തിന് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല ഈശ്വരൻ സംഹരിക്കുന്നില്ല സംഭവിക്കുന്നില്ല കാരണം സത്യം സത്യത്വം ഈശ്വരന് മാത്രമേ ജഗത്തിന് സത്യത്വം ഇല്ല ആ സത്യത്വം ഇല്ലാത്ത ആ ജീവിതത്തിൽ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല സത്യമായിട്ട് അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല സംഹരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആത്മാവിനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമാത്മാവിൽ യാതൊരു സൃഷ്ടിയും നടക്കുന്നില്ല പരമാത്മാവേയും പരമാർത്ഥത്തിൽ വാസ്തവത്തിന് സൃഷ്ടിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് ആത്മാവിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു ഈ ആത്മാവിൽ നിന്ന് അന്യമല്ല പരമാത്മാവ് പരമാത്മാവിൽ നിന്നും ഒന്നും ഉണ്ടാവുന്നില്ല സൃഷ്ടി വർത്താവാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ പഠിക്കുന്ന തുടക്കമാണ് പഠനത്തിന്റെ കുടിയൊരു ചെല്ലുമ്പോൾ എന്താണ് ഈശ്വരൻ സൃഷ്ടി വർത്താവല്ല എന്നാണ് സൃഷ്ടിയേ ഇല്ല പിന്നെ ഈശ്വരൻ സൃഷ്ടി വർത്താവാണ് സൃഷ്ടി പരമാർത്ഥത്തിന് നിലനിർത്തുന്നുണ്ടോ പരമാർത്ഥത്തിന് ഇല്ലാത്ത ഒരു സൃഷ്ടിക്ക് എന്തിനൊരു സൃഷ്ടി വർത്താവ് ഒരു സൃഷ്ടികർത്താവിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈശ്വരൻ അതുകൊണ്ട് ഈ ആത്മാവിൽ നിന്നും മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഈ അസ്വാസ്വാത്മനോ നമ്പഭൂ കസ്തുത അർത്ഥാന്തരഭൂത അതും അയമാത്മാ അജ അതുകൊണ്ട് ആത്മാവ് അജനാണ് ജനിക്കാത്തവനാണ് നിത്യ നിത്യനാണ് ശാശ്വത പറയുന്നു അപക്ഷയ ഊർജിത അക്ഷയം ഇല്ലാത്തവനാണ് അശാശ്വത സ്വാപക്ഷീയത അശാശ്വതൻ ക്ഷയമുള്ളവൻ സ്വാപക്ഷീയത അവൻ ക്ഷയിക്കുന്നു ക്ഷയമുള്ളത് ക്ഷയിക്കുന്നു അയന്ത് പിന്നെ ശാശ്വതനാണ് വിഷയമുള്ളവനല്ല അതേവ പുരാണ ഇത് പുരാണനാണ് ഈ സംഗതി ചോദിക്കുന്നത് താൻ ബാലനാണ് എന്നുവെച്ചാൽ പുതിയ ആളാണ് ഇപ്പൊ ജനിച്ച ആളാണ് അപ്പോ അത് ആ ധാരണ ക്ഷരുതാമെന്നു പറയുകയാണ് അത് ശരിയല്ല പുരാണ പിന്നെ ജനിച്ചതോ അത് പറയുന്നു പുരാഭിന പഴയതാണെങ്കിലും പുതിയ ഇവിടെ തോന്നുന്നു ായിട്ട് തോന്നുന്നു തന്റെ ബാലനായി കല്പിക്കുകയാണ് വാസ്തവത്തിൽ ആണ് പക്ഷേ തോന്നുന്നു പുതുതായി തോന്നുന്നു മകനെ ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് താളി ചോദിക്കുന്നത് താൻ ജനിച്ച് കാലമായി ബാല്യ അവസ്ഥയിലാണ് അതൊന്ന് ഇത് പുരാതി വളരെ പുരാതനാണ് പുതിയത് പോലെ തോന്നുന്നു യോഹി അവയവ ഉപജയദ് ീ നു ഏതൊരു വസ്തു ആണോ അവയവ ഉപജയം അവയവം കൊണ്ട് വൃത്തി അവയവം കൊണ്ട് വളർച്ച അവയവങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് ദ്വരേണ അഭി നിർവർത്തിയതെ ശിക്ഷിക്കപ്പെടുന്നത് കൂടുതൽ കൂടുതൽ അവയവങ്ങളോട് ചേർത്ത് ചേർത്ത് ചേർത്ത് അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു സൈതാനീൻ നവ അതിനെ പുതിയതെന്ന് പറയത യഥാ കുട്ട്യാദി കുട്ട്യം ഭിത്തി ഭിത്തിയെ നമുക്ക് പറയാം അതിൽ അവയവങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഓരോ ഇഷ്ടികയായിട്ട് വയ്ക്കുന്നു ഒരു ഭിത്തിയുടെ അവയവങ്ങൾ ഇങ്ങനെ അതിന് ഓരോ ഓരോ ഇഷ്ടിക ഭിത്തിയിലേക്ക് വെക്കുമ്പോ പറയുന്നു ആ ഭിത്തി വലുതായി വലുതായിരുന്നു പറയുന്നതാ ഇത് നിർമ്മിച്ച ഭിത്തിയാണ് എന്ത് ചെയ്യുന്നു അതിൽ അവയവങ്ങളുടെ ഉപജയം അത് പുതുതായി പുതുതായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആത്മാവ് അത് നിരവയവമാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഉണ്ടാകുന്നില്ല അത് വളരെ പുരാതനമാണ് എന്നും അങ്ങനെ തന്നെ വിപരീത അത് ഭിത്തിയെ പോലെയല്ല ഇഷ്ടികളുമായി ചേർത്ത് ചേർത്ത് ചേർത്ത് വലുതാക്കിയെടുക്കുന്നതല്ല പുരാണോ അത് പുരാണനാണ് പുരാതനനാണ് വൃദ്ധി വിവർജിത വൃദ്ധി വിവർജിതനാണ് വൃദ്ധിയില്ലാത്തവനാണ് വളർച്ചയില്ലാത്തവനാണ് അതുകൊണ്ട് തന്നെ അവന് മരണവും സംഭവിക്കുന്നില്ല ക്ഷയം സംഭവിക്കുന്നില്ല യദൈവം അങ്ങനെ ആയതുകൊണ്ട് അതന്യതേ പറയുന്നു ന ഹിംസ്യത അർത്ഥമാണ് ഹിംസിക്കപ്പെടുന്നില്ല ഈ ആത്മാവ് ഹിംസിക്കപ്പെട്ടിട്ടില്ല ഹന്യമാനി ശ്രാദി ശരീരത്തെ ശസ്ത്രാദികളുണ്ട് ആയുധങ്ങളും മറ്റും കൊണ്ട് ഹിംസിക്കപ്പെട്ടാലും ഇത് ഹിംസിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് തസ്തോട്ടി ആ ശരീരത്തിൽ ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് എങ്കിലും ഈ ആത്മാവ് ഈ ശരീരത്തിനുള്ളിൽ സ്ഥിതി പറയാം മാസ്തവത്തിൽ ആത്മാവിലാണ് ശരീരം സ്ഥിതി ചെയ്യുന്നത് എന്നാലും നമുക്ക് പറയാം ഈ ശരീരത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നുണ്ട് കാരണം തന്റെ ബോധം ഈ ശരീരത്തിലവർ പിന്നെ ഞാൻ ഈ ശരീരത്തിൽ ശരീരത്തിൽ നിന്നും വിട്ട് ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഇതാക്കി പറയാം ഈ ശരീരത്തിൽ നിന്നും അന്യനായ ഞാൻ ആത്മാവ് ഇപ്പോൾ ഈ ശരീരത്തിലിരിക്കുന്നു എന്ന് പറയാം അതുകൊണ്ടാണ് പറഞ്ഞത് തസ്തഹ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും അഭി എങ്കിലും ആകാശവത ആകാശത്തെ പോലാണ് ഈ ശരീരവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ സർവവ്യാപിയായി ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പൊ നജീസിന്റെ ആ ചോദ്യത്തിന് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് ഉത്തരമായി ആത്മാവ് നശിക്കുന്നില്ല മരിക്കുന്നില്ല ആത്മാവിനെ നശിപ്പിക്കാനും പറ്റുന്നു അതുകൊണ്ട് തന്നെ മരണമില്ല ജനനമില്ല ജനനമുണ്ടതിന് മരണം ജനനമില്ല അതുകൊണ്ട് മരണമില്ല ഇത് ആകാശൊക്കെ പോലെ ഈ ശരീരത്തിൽ സർവ്വവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു ആ സംശയത്തിലൂടെ സമാധാനം അതിന്റെ അർത്ഥം വിപശി ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആത്മാവ് അതുകൊണ്ട് തന്നെ ജായതെ ജനിക്കുന്നില്ല മറിയതെ മരിക്കുന്നുമില്ല എന്നറിയതെ വാ മരിക്കുന്നില്ല ത്മാവ് കൂതശ്ചിത് മറ്റൊരു കാരണത്തിൽ നിന്നും നബുവ ഉണ്ടായിട്ടില്ല അയം ഈ ആത്മാവിൽ ഈ ആത്മാവിൽ നിന്നും കഷ്ടി മറ്റൊന്നും നബുവ ഉണ്ടായിട്ടില്ല അയം ഈ ജന നിത്യ നിത്യനാണ് പുരാണ പഴയതാണെങ്കിലും പുതിയത് തന്നെയാണ് വൃത്തിയില്ലാത്തതാണ് അതുകൊണ്ട് ഹന്യ ശരീര ശരീരം ഹന്യമാണ് നശിപ്പിക്കപ്പെട്ടാലും നന്യതെ നശിപ്പിക്കപ്പെടുന്നില്ല ും നശിപ്പിച്ചാലും എന്താ നശിക്കുന്ന വസ്തു അല്ല എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഭർണാവിന്റെ നിത്യെ കുറിച്ചൂടെ പ്രസ്താവിച്ചിരിക്കുകയാണ് അടുത്ത് ഉഭാനീതം ഹി ൂത്തീതോ നഗത്ഗീത വരുന്ന ശ്ലോകത്തിന്റെ മൂലരൂപമാണ് ഏവംഭൂതമത്മാനം ഇങ്ങനെയുള്ള ഈ ആത്മാവിനെ ശരീരമാത്ര ആത്മദൃഷ്ടി ശരീരമാത്ര ആത്മദൃഷ്ടി ശരീരം മാത്രമാണ് ആത്മാവെന്ന് കാണുന്നവൻ ശരീരം തന്നെയാണ് താൻ എന്ന് കാണുന്നവൻ ഹന്തായി കരുതുകയാണെങ്കിൽ ഹന്തം എന്ന് കൊള്ളാൻ ആഗ്രഹിക്കുന്നു ും എന്നിങ്ങനെ ഹന്താവായി കൊല്ലുന്നവനായി കരുന്ന് ചിലർ ഇതിനെ കൊല്ലുമെന്ന് കരുതുന്നു അഞ്ഞു ഹഡ ഇന്ന് മറ്റു കീഴ് അറിയുന്നതാണ് ഞാൻ ലക്ഷ്യ എന്ന് കരുത് ഹന്താ ചേര് ഹന്തും ഹഡ്മെ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഹന്താവായി കൊല്ലുന്നവനായി ഹന്തും കൊല്ലുന്നു ഹത ഞാൻ നശിച്ചു കഴിഞ്ഞു കരുതുന്നു രണ്ടു കൂട്ടം കൊണ്ടാണ് തവു അറിയുന്നില്ല സ്വമാത്മാനം ആത്മാവിനും അറിയുന്നില്ല എന്തുകൊണ്ടാണ് നയം ഹന്ദി അവിക്രിത്വാദാത്മനഹ ഇത് കൊല്ലുന്നില്ല ഈ ആത്മാവൊന്നും കൊല്ലുന്നില്ല അവിക്രിത്വ ആത്മാവ് അവികാരിയാണ് അതിൽ ക്രിയയില്ല വിനയങ്ങളെ കൊല്ലും തഥാ നഹന്യതയെ ഹനിക്കപ്പെടുന്നുണ്ട് ആകാശവും അവിക്രിത്വം ആകാശത്തോ പോലെ ഇത് ക്രിയാരഹിതമാണ് യാതൊരു പ്രവർത്തനങ്ങളും ഇല്ലയില്ല അതോ ഫലാം എന്ന വിഷയമാണ് അതുകൊണ്ട് അജ്ഞാനിയെ സംബന്ധിച്ചാണ് ധർമ്മർമാതി ലക്ഷണ സംസാര ധർമാധർമ്മത്തിലുള്ള ഈ സംസാര പുണ്യപാപരൂപത്തിലുള്ള ഈ സംസാരം ജനന ജീവിത മരണങ്ങളല്ല ശ്രുതി പ്രാമാണമനുസരിച്ച് ന്യായാത് വ്യക്തിയനുസരിച്ച് ധർമാധർമാതി അനുഭവത്തെ ധർമ്മധർമ്മങ്ങളൊന്നും ആത്മാവിന് യോജിക്കുന്നില്ല ന്ധകർണത്തിനാണ് പുണ്യപാപങ്ങളുടെ അന്ധകരണത്തിനാണ് ആത്മാവിനെന്ന അതാണ് ഇവിടെ പറയുന്നത് ആത്മാവിന് പുണ്യപാപങ്ങളില്ല ഞാൻ പുണ്യമാനാണെന്ന് പറയുമ്പോൾ തന്റെ അന്ധകരണത്തിന് അത് ഉണ്ടെന്നുള്ള പാവിയാണെന്ന് പറയുമ്പോൾ തന്റെ അന്ധകർണത്തിൽ ഉണ്ടെന്നാണ് ആത്മാവിൽ പാപമുണ്ടെന്നും ആത്മാവിൽ പുണ്യമുണ്ടെന്നും അല്ല എന്തുകൊണ്ട് ആത്മാവ് ആകാശത്തെ പോലെ അധികാരിയായിരിക്കുന്നു ധർമാധർമ്മങ്ങളൊന്നും ആത്മാവിനില്ല എന്നാണ് അതൊക്കെ ശരീരത്തിന് അതായത് സൂക്ഷ്മ ശരീരത്തിനേ ഉള്ളൂ പറയുന്നത് െന്താ ഹായി കൊള്ളുന്നവനായി കരുതുകയാണെങ്കിൽ ഉഭകൂട്ട് ഈ രണ്ടു കൂട്ടനും വിജാനീതഹ ആത്മാവിനെ അറിയുന്നില്ല ഒരാൾ ഗീത പഠിക്കുന്നവരുടെ യുദ്ധം ചെയ്യാൻ പോണ ഇല്ല അപ്പോ നാനാ വിഷയങ്ങളതിൽ വരുന്നുണ്ട് ഇതെല്ലാം ഒരാൾക്ക് ഒരു കാലത്തെ രക്ഷിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അനേക മനുഷ്യർക്ക് പല കാലങ്ങളിലായിട്ട് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് പൊതുവെ ഇത്തരം അധ്യാമശാസ്ത്രം എന്ന് പറയുന്നത് ഇതിനെ എല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെയല്ല അല്ല ഏതെങ്കിലും തത്വജ്ഞാനത്തെയോ അല്ലെങ്കിൽ ഭക്തിയോ അല്ലെങ്കിൽ യോഗത്തെയോ ഒന്നിനെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല എല്ലാവരും ഉണ്ട് എല്ലാവർക്കും പലതാവശ്യമാണ് അങ്ങനെ ഇത് പരമാത്മാവ് സ്ത്രീന്റെ വികാരം ഇല്ലാരും കൊല്ലപ്പെടുന്നില്ലെന്നാണ് അപ്പം ആളെ കൊല്ലാവുന്ന ആത്മാവിൻ വികാരമില്ല എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചുള്ള എല്ലാവരും സംബന്ധിച്ചും പറയുന്നു കൊല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ കൊല്ലപ്പെടുന്നുമില്ല അതാണ് അതുകൂടെ പറഞ്ഞത് അപ്പൊ ഇതുകൊണ്ട് ആരും ആരെയും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ കൊല്ലാൻ നേരത്ത് ആത്മാവാരെയും കൊല്ലുന്നില്ലെന്നും തന്നെ കൊല്ലാൻ വരുമ്പോ ആത്മാവ് മരിക്കുന്നുവെന്നും കരുതാൻ പാടി അല്ല ആർക്കും ആരെയും കൊല്ലാമോ കൊല്ലപ്പെടുന്നില്ലല്ലോ അപ്പൊ ഈ തത്വം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും നോക്കത്തില്ല കാരണം കൊല്ലാൻ ആഗ്രഹിക്കുന്നവനും നശിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം അപ്പൊ താൻ കൊല്ലപ്പെടും എന്നുള്ള വിചാരമുണ്ടെങ്കിൽ അവിടെ പിന്നെ കൊല്ലുന്നില്ല ഞാൻ കൊന്നാലും ആരെയും കൊന്ന കൊല്ലുന്നില്ല എന്നൊരു പറയാൻ ഒക്കെ തന്നെ അവന് കൊല്ലുന്നവനൊരിക്കാൻ ഇത് സഹായിക്കുന്ന ഒരു തീരിയല്ല കൊല്ലുന്നവന് ഞാൻ കൊല്ലുന്നു എന്നുള്ള ഭാവം വന്നാൽ അവന് താൻ കൊല്ലപ്പെടും എന്നുള്ള ഭാവം വരും രണ്ടിനെയും നിഷേധിക്കാണ് രണ്ടും ഇല്ലാതെ അവനെ സംബന്ധിച്ചിടത്തോളം അവനാരും കൊല്ലുന്നില്ല കൊല്ലപ്പെടുന്നു രണ്ടും ഇല്ല കൊല്ലുന്നില്ല കൊന്നാലും ആരും മരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊല്ലാം എന്ന് കഴിയാൻ കൊല്ലാൻ പോകുന്നവനും മരിക്കാതിരിക്കണം അവനെ സംബന്ധിച്ചത് സംഭവിക്കുന്നു എന്നാലേ അതിനർത്ഥം അതുകൊണ്ട് ഈ ഒരു തർത്ഥം കൊണ്ട് ആർക്കും ആരെയും കൊല്ലാനൊന്നും അവകാശം കിട്ടുന്നില്ല പരമാർത്ഥത്തെ പറയുകയാണ് ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല ശരീരത്തെ നശിപ്പിച്ചാലും ആത്മാവനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല ഇതറിഞ്ഞിരിക്കുക ഒരാളെ നശിപ്പിക്കുന്നു എന്ന് മറ്റൊരാൾക്ക് കരുതാൻ നിവർത്തിയില്ല കാരണം ആൾ നശിക്കുന്നില്ലല്ലോ പിന്നെ ഒരാളെങ്ങനെ കൊല്ലാൻ പറ്റും കേവല ശരീരനാശം അതാണെങ്കിലും ആർക്ക് സംഭവിക്കും ഏത് ശരീരത്തിനും നാശം വരാം അത് കൊല്ലനും കൊല്ലപ്പെടലുമല്ല ആത്മാവിനത് സംഭവിക്കുന്നില്ല ആത്മാവ് കൊല്ലുന്നില്ല ആരെയും ആരാലും കൊല്ലപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യുദ്ധത്തിനും മറ്റേ ഇത് സഹായിക്കും ചേർത്ത് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു കൊല്ലാനും കൊല്ലുന്നില്ല എന്നുള്ള തത്വം മനസ്സിലായിക്കൊണ്ട് ആരെങ്കിലും കൊല്ലാനോ കൊല്ലിക്കാനോ വേണ്ടി പറയുന്നതല്ല അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാവിന്റെ അനശ്വരതയെക്കുറിച്ച് പറയുക ആത്മാവിനെ ഒരാൾ മറ്റൊരാളെ കൊല്ലുമ്പോൾ അത് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അതൊന്നും കൊല്ലരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കൊല്ലാൻ പറയാൻ വേണ്ടിയിട്ടല്ല ഹിംസയ്ക്ക് വേണ്ടിയിട്ടല്ല അഹിംസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നു അതെ പറയുന്നു അതോ അനാത്മഞ്ഞ വിഷയമോ ധർമ്മ അധർമാതിലക്ഷണ സംസാരം എന്ന് പറയുന്നു ധർമ്മധർമ്മ രൂപത്തിലുള്ള ഈ സംസാരം പുണ്യഭാപരൂപത്തിലുള്ള സംസാരം യഥാർത്ഥം അനാത്മജ്ഞനാണ് പുണ്യപാപങ്ങൾ കൊണ്ട് ജനിക്കുന്നു പുണ്യപാപങ്ങൾ കൊണ്ട് മരിക്കുന്നു എന്നൊക്കെ കരുതുന്നവര് അനാത്മജ്ഞനാണ് എന്നാൽ ആത്മജ്ഞത്മജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആത്മാവിന് പുണ്യപാപങ്ങളില്ല അതുകൊണ്ട് പുണ്യപാപങ്ങൾ ഉണ്ടായാൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നില്ല ശ്രുതി പ്രാമാണ്യാണ് ശ്രുതിയും അത് തന്നെ പറയുന്നത് ആത്മാവിന് പുണ്യപാപങ്ങളില്ല പുണ്യപാപങ്ങൾ കൊണ്ട് ആത്മാവ് ജനിക്കുന്നില്ല മരിക്കുന്നില്ല ന്യായാച്ച യുക്തിയും അത് തന്നെയാണ് ധർമ്മ അധർമാതി അനുപത്യഹി അനുപത്തേഹി ധർമാധർമ്മങ്ങളൊന്നും യുക്തമല്ല ആത്മാവ് ആത്മാവ് ധർമ്മമോ അധർമ്മമോ ഒന്നും ഇല്ല നിർഗുണമായിരിക്കുന്ന ആത്മാവിനങ്ങനെ പുണ്യപാപങ്ങൾ ഉണ്ടാവും പുണ്യപാപങ്ങൾ കൊണ്ടുണ്ടാവുന്ന ജനന മരണങ്ങൾ ഇങ്ങനെ ഉണ്ടാവും ജനന മരണങ്ങൾക്ക് കാരണമായി പറയുന്ന പുണ്യപാപങ്ങളാവും ജനന മരണങ്ങൾ നിഷേധിക്കുന്നതിനു വേണ്ടി പുണ്യപാപങ്ങൾ നിഷേധിക്കുന്നു അപ്പൊ ആത്മാവിന് പുണ്യപാവങ്ങളില്ല ആത്മാവിന് ജനന മരണങ്ങളും ഇല്ല പു പുണ്യപാപങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു അണ്ടൊക്കെ അതുകൊണ്ട് എന്തിനു ജനനം ഉണ്ടാവുന്നു ശരീരത്തിന് മരണം നാശവും ശരീരത്തിനാണ് ആത്മാവിനല്ല എന്നാ ആത്മാവൻ നിർഗുണമായിരിക്കുന്ന വസ്തുവിൽ പുണ്യപാവങ്ങളൊന്നും അവിടെ നിലനിൽക്കത്തില്ല എന്നാൽ ആകാശവും അഭിക്രിയത്വം അതേ അതാണ് അവിടെ പറഞ്ഞത് ആകാശത്തെ പോലെ അവിക്രിയമാണ് സർവ്വവ്യാപിയും അഭിക്രിയവുമായി വികാരരഹിതവുമായിരിക്കുന്നു അതുകൊണ്ട് ആത്മാവിനെ തുലന്നില്ല കൊല്ലപ്പെടുന്നില്ല അതുകൊണ്ട് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥമില്ല ആത്മാവിനും മരണമില്ല ആത്മാവിനും മരണശേഷമില്ല എന്നും അജിയേസിന്റെ ചോദ്യത്തിന് വളരെ വ്യക്തമായി നേരിട്ട് തന്നെയുള്ള മറുപടിയാണിവിടെ നീവദേവൻ ഈ രണ്ട് മന്ത്രങ്ങളിലൂടെ കൊടുക്കുന്നത്